ലെസൺ എയ്റ്റ് അതാണ് പതിനാലാമത്തെ വീട് ലെസൺ ഒള്ളി എന്റെ വീട് ശാന്തി നഗറിൽ പതിനൊന്നാം നമ്പർ റോഡിലാണ് വീട്ടു നമ്പർ പതിമൂന്നാണ് അതും ശാന്തിനില് അതുമാത്രമല്ല വലിയ അമ്മാവന്റെയും വീട് അവിടെ തന്നെയാണ് ആ റോഡിൽ പന്ത്രണ്ടാമത്തെ വീട് മുതൽ പതിനഞ്ചാമത്തെ വീട് വരെ ഞങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളാണ് നിന്റെ ചിറ്റപ്പന്റെ വീട് എത്രാമത്തെ വീടാണ് അദ്ദേഹത്തിന്റെ വീട്ടു നമ്പർ പന്ത്രണ്ട് അല്ലേ അതെ ഞങ്ങളുടെ വീട്ടിന്റെ ഇടത്ത് വശത്താണ് ചിറ്റപ്പന്റെ വീട് പതിനഞ്ചാമത്തെ വീട് ഒരു നേഴ്സറി സ്കൂൾ അല്ലേ അല്ല അതാണ് ഞങ്ങളുടെ അമ്മാവന്റെ വീട് ഞങ്ങളുടെ വീട്ടിന്റെ എതിർവശത്താണത് വലിയച്ഛന്റെ വീട് ഞങ്ങളുടെ വലത്തുവശത്താണ് അതാണ് പതിനാലാമത്തെ വീട് പതിനേഴാമത്തെ വീട്ടിൽ ആരാണ് ഒരു വക്കീൽ പതിനെട്ടും പത്തൊൻപതും പലചരക്കു കടകളാണ് ഇരുപതാമത്തെ കെട്ടിടത്തിലാണ് ഗോതമ്പ് മില്ലും തയ്യൽ കടയും ഇതൊക്കെ സിറ്റി ഇംപ്രൂവ്മെന്റുകാരുടെ വീടുകളാണോ അല്ല അവരുടെ സ്ഥലം പന്ത്രണ്ടാം നമ്പർ റോഡ് മുതലാണ് അവിടെയൊക്കെ പണക്കാരുടെ വീടുകളാണ് അതെ എല്ലാം വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും വീടുകളാണ് അവ മൂന്ന് തരം വീടുകളാണ് മുതൽ മുപ്പത്തി ഒൻപത് വരെ എ ടൈപ്പ് മുതൽ അറുപത്തി വരെ ബി ടൈപ്പ് എഴുപതാമത്തെ മുതൽ തൊണ്ണൂറാമത്തെ വീട് വരെയാണ് സി ടൈപ്പ് തൊണ്ണൂറ്റി മുതൽ നൂറ് വരെയാണ് ഷോപ്പിംഗ് സെന്റർ നമ്മുടെ േഴാണ് പേര്ത്തിമീഷണർ എൺപത്തിയൊന്നാമത്തെ വീട്ടിലാണ് അത് അദ്ദേഹത്തിന്റെ സ്വന്തം വീടല്ല വാടക വീടാണ് പന്ത്രണ്ടാമത്തെ വീട് വലിയ വീടാണ് പന്ത്രണ്ടാമത്തെ വീട് വലിയ വീടാണ് പതിനേഴാമത്തെ കെട്ടിടം ഒരു കടയാണ് പതിനേഴാമത്തെ കെട്ടിടം ഒരു കടയാണ് മുപ്പതാമത്തെ വിദ്യാർത്ഥി രാമനാണ് മുപ്പതാമത്തെ വിദ്യാർത്ഥി രാമനാണ് രണ്ടാമത്തെ മുറിയിൽ ഒരു ഡോക്ടറാണ് രണ്ടാമത്തെ മുറിയിൽ ഒരു ഡോക്ടറാണ് ഇരുപത്തിയേഴാമത്തെ വീട്ടിൽ ഒരു വക്കീലാണ് ഇരുപത്തിയേഴാമത്തെ വീട്ടിൽ ഒരു വക്കീലാണ് നൂറാമത്തെ കെട്ടിടത്തിൽ ഷോപ്പിംഗ് സെന്ററാണ് നൂറാമത്തെ കെട്ടിടത്തിൽ ഷോപ്പിംഗ് സെന്ററാണ് ബിൽഡപ് ഡ്രിൽ മോഡൽ ആണ് ശാന്തി നഗറിൽ ശാന്തിൽ ആണ് വീട് ശാന്തി നഗറിലാണ് എൻ്റെ ചിറ്റപ്പൻറെ പഴയ വീട് ശാന്തി നഗറിൽ ആണ് നൗ ഫോളോ ദോഡൽ ആണ് ആണ് ആണ് മകൻ മകനാണ് മൂന്നാമത്തെ മൂന്നാമത്തെ മകനാണ് അധ്യാപകൻ്റെ അധ്യാപകൻ്റെ മൂന്നാമത്തെ മകനാണ് ചേട്ടൻ്റെ ചേട്ടൻറെ അധ്യാപകന്റെ മൂന്നാമത്തെ മകനാണ് സരളയുടെ സരളയുടെ ചേട്ടന്റെ അധ്യാപകൻറെ മൂന്നാമത്തെ മകനാണ് എന്റെ കൂട്ടുകാരി എന്റെ കൂട്ടുകാരി സരളയുടെ ചേട്ടൻറെ അധ്യാപകന്റെ മൂന്നാമത്തെ മകനാണ് രാഘവൻ രാഘവൻ എൻറെ കൂട്ടുകാരി സരളയുടെ ചേട്ടൻറെ അധ്യാപകന്റെ മൂന്നാമത്തെ മകനാണ് ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ വീട്ടിലാണ് വീട്ടിലാണ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ വലിയ വലിയ വീട്ടിലാണ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ വശത്തെ ഇടത്തു വശത്തെ വലിയ വീട്ടിലാണ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ എന്റെ വീട്ടിന്റെ എന്റെ വീട്ടിൻ്റെ ഇടത്തുവശത്തെ വലിയ വീട്ടിലാണ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ സബ്സ്റ്റിറ്റ്യൂഷൻ ട്രിൽ മോഡൽ വൺ ഇത് ഒന്നാമത്തെ വീടാണ് രണ്ടാമത്തെ ഇത് രണ്ടാമത്തെ വീടാണ് നൗ ഫോളോ ദ മോഡൽ അത് പത്താമത്തെ കവിതയാണ് ഇരുപതാമത്തെ അത് ഇരുപതാമത്തെ കവിതയാണ് മുപ്പതാമത്തെ അത് മുപ്പതാമത്തെ കവിതയാണ് നാൽപ്പതാമത്തെ അത് നാൽപ്പതാമത്തെ കവിതയാണ് അൻപതാമത്തെ അത് അമ്പതാമത്തെ കവിതയാണ് അറുപതാമത്തെ അത് അറുപതാമത്തെ കവിതയാണ് എഴുപതാമത്തെ അത് എഴുപതാമത്തെ കവിതയാണ് എൺപതാമത്തെ അത് എൺപതാമത്തെ കവിതയാണ് തൊണ്ണൂറാമത്തെ അത് തൊണ്ണൂറാമത്തെ കവിതയാണ് അത് നൂറാമത്തെ കവിതയാണ് രാധയുടെ തയ്യൽക്കടയുടെ ഇടത്തു വശത്താണ് എന്റെ സ്കൂൾ വലത്തു രാധയുടെ തയ്യൽക്കടയുടെ വലത്തുവശത്താണ് എന്റെ സ്കൂൾ എതിർ രാധയുടെ തയ്യൽക്കടയുടെ എതിർവശത്താണ് എന്റെ സ്കൂൾ മോഡൽ ടു അത് ഇരുപത്തിയൊന്നാമത്തെ കെട്ടിടമാണ് മുപ്പത്തിനാല് അത് മുപ്പത്തി നാലാമത്തെ കെട്ടിടമാണ് നൗ ഫോളോ ദോഡൽ ഇത് നാൽപ്പത്തി പുസ്തകമാണ് അൻപത്തി ഇത് അൻപത്തി ആറാമത്തെ പുസ്തകമാണ് അറുപത്തിയേഴ് ഇത് അറുപത്തി ഏഴാമത്തെ പുസ്തകമാണ് എഴുപത്തി എട്ട് ഇത് എഴുപത്തി എട്ടാമത്തെ പുസ്തകമാണ് എൺപത്തി ഒമ്പത് ൊൻപതാമത്തെ പുസ്തകമാണ് ഇത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പുസ്തകമാണ് നൂറ്റി ഒന്ന് ഇത് നൂറ്റി ഒന്നാമത്തെ പുസ്തകമാണ് റീസ്റ്റേറ്റ്മെന്ററിൽ മോഡൽ വൺ മധുവിന്റെ വീട്ടു നമ്പർ ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ടാമത്തെ വീടാണ് മധുവിന്റെ വീട് നൗ ഫോളോ ദോഡൽ സരളയുടെ പുസ്തകത്തിന്റെ നമ്പർ മുപ്പത്തിമൂന്നാണ് മുപ്പത്തിമൂന്നാമത്തെ പുസ്തകമാണ് സരളയുടെ പുസ്തകം രവിയുടെ മുറിയുടെ നമ്പർ അമ്പതാണ് അമ്പതാമത്തെ മുറിയാണ് രവിയുടെ മുറി മോഡൽ ടു പന്ത്രണ്ടും പതിമൂന്നും പണക്കാരുടെ വീടുകളാണ് പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും വീടുകൾ പണക്കാരുടെ വീടുകളാണ് നൗ ഫോളോ ദോഡൽ ഏഴും എട്ടും എന്റെ പുസ്തകങ്ങളാണ് ഏഴാമത്തെയും എട്ടാമത്തെയും പുസ്തകങ്ങൾ എന്റെ പുസ്തകങ്ങളാണ് ഒൻപതും പതിനഞ്ചും അദ്ദേഹത്തിന്റെ സ്വന്തം വീടുകളാണ് ഒൻപതാമത്തെയും പതിനഞ്ചാമത്തെയും വീടുകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടുകളാണ് റെസ്പോൺസ് ഡ്രിൽ മോഡൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ എത്രാമത്തെ കുട്ടിയാണ് ഞാൻ എൻ്റെ അച്ഛന്റെ മൂന്നാമത്തെ കുട്ടിയാണ് നൗ ഫോളോ ദോഡൽ ഇത് നിങ്ങളുടെ എത്രാമത്തെ പുസ്തകമാണ് ഇത് നിന്റെ വീട് എത്രാമത്തെ റോഡിൽ ആണ് എന്റെ വീട് എന്റെ വീട്